ധ്യായം ആറ് ദര്യാവേശ രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ണാരം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു അവർ മേദ്യ സംസ്ഥാനത്തിലെ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നത് എന്തെന്നാൽ കോരശ് രാജാവിന്റെ ഒന്നാമാണ്ടിൽ കോരശരാജാവ് കൽപ്പന കൊടുത്തത് എരുഷലമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയേണം അതിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ട് ഇടണം അതിന് അറുപത് മുഴം ഉയരവും അറുപത് മുഴം വീതിയും ഉണ്ടായിരിക്കണം വലിയ കല്ലുകൊണ്ട് മൂന്ന് വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് ഒരു വരിയും ഉണ്ടായിരിക്കണം ചെലവ് രാജാവിന്റെ ഭണ്ണാരഗ്രഹത്തിൽ നിന്ന് കൊടുക്കേണം അതുകൂടാതെ നെപുഗതനേസർ യെരുശിലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്ത് ബാബയിലേക്ക് കൊണ്ടുവന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരുശലേമിലെ മന്ദിരത്തിൽ അതതിന്റെ സ്ഥലത്ത് വരുവാൻ തക്കവണ്ണം ദൈവാലയത്തിൽ വയ്ക്കുകയും വേണം ആകയാൽ നദിക്കക്കരെ ദേശാധിപതിയായ തത്നായിയെ ശെധർ ബോസിനെ നിങ്ങളും നദിക്കക്കരെയുള്ള അഫർസരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം ഈ ദേവാലയത്തിന്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിന്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നതെന്തെന്നാൽ നദിക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു അവർ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് സൌരഭ്യവാസനയുള്ള യാഗമർപ്പിക്കേണ്ടതിനും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്കാവശ്യമുള്ള കാളക്കിടാക്കൾ ആട്ടുകൊറ്റന്മാർ കുഞ്ഞാടുകൾ കോതമ്പ് ഉപ്പ് വീഞ്ഞ് എണ്ണ എന്നിവയും എരുശിലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം കുറവുകൂടാതെ കൊടുക്കേണ്ടതാകുന്നു ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീട്ടിന്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളുകയും അവന്റെ വീട് അത് നിമിത്തം കപ്പക്കുന്ന് ആക്കിക്കളയം വേണം എന്നും ഞാൻ കൽപ്പന കൊടുക്കുന്നു ഇത് മാറ്റുവാനും ഏതുശല്യമില്ലെ ഈ ദൈവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏത് രാജാവിനും ജനത്തിനും തന്റെ നാമം വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും ദാരിയാവേശായ ഞാൻ കൽപ്പന കൊടുക്കുന്നു ഇത് ജാഗ്രതയോടെ ുന്നു അപ്പോൾ നദിക്കിക്കരയുള്ള ദേശാധിപതിയായ തത്നായിയും ശെധർ ബോസ്നായി അവരുടെ കൂട്ടക്കാരും ദാരിയാവേശ രാജാവ് കൽപ്പന തന്നെ ജാഗ്രതയോടെ ചെയ്തു യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു ഹഗായി പ്രവാചകനും ഇദോവിന്റെ മകനായ സഖരിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും കോരശിന്റെയും പാസി രാജാവായ അർത്ഥാവിന്റെയും കൽപ്പനപ്രകാരവും അത് തീർത്തു ദാരിയാവേശ് രാജാവിന്റെ വാഴ്ചയുടെ ആറാം ആണ്ടിൽ ആധാർ മൂന്നാം തീയതി ഈ ആലയം പണിതുതീർന്നു ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവിലും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ യത്തിന്റെ പ്രതിഷ്ഠ കഴിച്ചു ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് നൂറ് കാളയെയും ഇരുന്നൂറ് ആട്ടുകൊറ്റനെയും നാനൂറ് കുഞ്ഞാടിനെയും ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം എല്ലാ ഇസ്രയേലിനും വേണ്ടി പാപയാഗത്തിനായി പന്ത്രണ്ട് വെള്ളാട്ടുകൊട്ടിനെയും യാഗം കഴിച്ചു മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവർ എരിശിലെമിലുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറുകൂറായും ലേവ്യരെ തരം തരമായും നിർത്തി ഒന്നാം മാസം പതിനാലാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ ഒരുപോലെ ശുദ്ധീകരിച്ചിരുന്നു എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു അവർ സകല പ്രവാസികൾക്കും തങ്ങളുടെ സഹോദരന്മാരായ പുരോഹിതന്മാർക്കും തങ്ങൾക്കും വേണ്ടി പെസഹ അറുത്തു അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന ഇസ്രേൽ മക്കളും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞുവന്നവർ ഒക്കെയും പെസഹ തിന്നു യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രയേലിൻ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഏഴു ദിവസം സന്തോഷത്തോടെ ആചരിച്ചു